അതിനാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നീ ക്ഷമിക്കുക സൂര്യോദയത്തിനു മുൻപും അസ്തമയത്തിനു മുൻപും നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീതസ് ബീഹിച്ചൊല്ലുക രാത്രിയുടെ ചില സമയങ്ങളിലും പകലിന്റെ അറ്റങ്ങളിലും നീതസ് ബീഹിച്ചൊല്ലുക നീ തൃപ്തനാകാൻ വേണ്ടി